ഒരു ജനപഥത്തെയും നാം നശിപ്പിക്കാനുദ്ദേശിച്ചാൽ അവിടെയുള്ള സുഖലോലുപരോട് നാം കൽപ്പിക്കും അവർ അവിടെ ധിഖാരപരമായി പെരുമാറും അപ്പോൾ അവർക്കെതിരെയുള്ള വിധി സത്യമായിത്തീരും അങ്ങനെ നാം അവരെ നശിപ്പിക്കും